അങ്ങനെ അദ്ദേഹം അവരിൽ നിന്ന് തിരിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു എൻറെ ജനതയെ എൻറെ രക്ഷിതാവിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്കെത്തിച്ചു തന്നു ഞാൻ നിങ്ങൾക്കുപദേശവും നൽകി പക്ഷേ ഉപദേശിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല